താങ്കൾക്കു മുൻപായി നഗരവാസികളായ പുരുഷന്മാരെ മാത്രമാണ് ഞങ്ങൾ ദൂതന്മാരായി അയച്ചത് അവർക്ക് ഞങ്ങൾ വഹി ദിവ്യസന്ദേശം നൽകിയിരുന്നു അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ച് തങ്ങൾക്കു മുൻപുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നോക്കിയില്ലേ തീർച്ചയായും പരലോകത്തെ ഭവനം ഭയഭക്തിയുള്ളവർക്ക് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ